ഗർഭത്തിലിരിക്കുമ്പോ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ തന്നത് അമ്മയുണ്ടായിരുന്നു അവിടെ അമ്മയും അച്ഛനും ഒക്കെ ഇൻബിൽട്ടാണ് അല്ലേ ഗർഭത്തിനകത്ത് അമ്മയും അച്ഛനും ഒക്കെ ഇൻബിൽട്ടാണ് ഉള്ളിലുണ്ടമ്മ ആ ഗർഭത്തിനകത്ത് ഈശ്വരന്റെ ആ ശ്രീകോവിലിന് തന്നെ നമ്മൾ ഗർഭഗൃഹം എന്നാണ് പറയുന്നത് പവിത്രമായ സ്ഥാനം നർത്തം ആ ഗർഭത്തിനകത്ത് ശിശുവിനെ ആര് രക്ഷിച്ചു യോ രക്ഷിത ഗർഭേ സഹിരക്ഷിത ഭാഗവതം പറയണത് ഗർഭത്തിൽ ആരാണോ രക്ഷിക്കണത് അയാൾ തന്നെയോ ഇപ്പോഴും രക്ഷിക്കണത് പക്ഷെ ഒരു അവിദ്യ വന്നു അവനവന്റെ കാര്യം അവനവൻ തന്നെ നോക്കണ്ടേ എന്നൊരു അവിദ്യ ഇപ്പൊ വന്നു ഗർഭത്തിലിരിക്കുമ്പോ ഏതൊരു കാരുണ്യം ഏതൊരു സംരക്ഷണ ക്ഷണം രക്ഷിച്ചു അവിടെ അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് സകല ശ്രേയപ്രദോദ്യോഗിനൊക്കെ നോക്കി വേണ്ടതൊക്കെ ചെയ്ത് കവർ ചെയ്ത് സമയാകുമ്പോ പുറത്ത് പിടിച്ച് തള്ളിയില്ല ഇപ്പൊ അതുപോലെ നമുക്ക് വിശ്വാസമില്ല സമയാവുമ്പോ ഡോക്ടർമാർക്ക് പേടിപ്പിച്ച് പേടിപ്പിച്ച് പേടിപ്പിച്ചു എന്തെങ്കിലും ആവും അങ്ങനാവും അങ്ങനെ ആവും കീറി പുറത്തെടുത്ത് അയ്യോ ശരിയായ പൊസിഷനിൽ വന്നിട്ടില്ല എന്നൊക്കെ പറയും അതൊക്കെ മിണ്ടാതിരുന്നാൽ കറക്റ്റ് സമയമാകുമ്പോൾ പൊസിഷനിൽ വന്നോളും ഇവര് പേടിപ്പിച്ചു കഴിയുമ്പോൾ ആകെപ്പാട്ട ടെൻഷനൊക്കെ ആയിട്ട് അത് റിവേഴ്സ് ഓർഡറിൽ പോയി കളയും ഇത്രയും മൃഗങ്ങളുണ്ട് ഏതെങ്കിലും മൃഗം സിസേറിയം ചെയ്യാൻ പോവേണ്ടോ എന്ന് നോക്കൂ അത് നമ്മൾ അതാണ് പറഞ്ഞത് മൃഗങ്ങളെ കാളുക്കാൻ നമ്മൾ എത്രയോ മോശാണ് എത്രയോ ചീപ്പ് സില്ലിയാണ് എത്ര മൃഗങ്ങളുണ്ട് എത്ര സുഖമായിട്ട് പ്രസവിക്കണം പ്രസവിച്ചു കഴിഞ്ഞാൽ അവരും അവരുടെ പാട്ടിൽ പോയി അവർക്ക് ച്യവനപ്രാവശ്യവും വേണ്ട കളരി മരുന്നും വേണ്ട ഒന്നും വേണ്ട സുഖം ആ കുട്ടികൾ കുട്ടികളുടെ പാട്ടിൽ തുള്ളി കളിക്കണോ അമ്മ അമ്മയുടെ പാട്ടിൽ പോയി നമ്മളാണോ പ്രസവത്തിന് മുമ്പ് പേടി ആസ്പത്രി അത് ഇത് ഇങ്ങനെ ആ വിശ്വാസം ഇല്ലായ്മ ഉണ്ടല്ലോ അതാണ് ഭക്തി ഇല്ലായ്മ എന്ന് പറയുന്നത് ട്രസ്റ്റ് ഇല്ല നമ്മൾക്ക് നേച്ചറില് മനുഷ്യൻ ഒഴിച്ച് ബാക്കി എല്ലാ പ്രാണികൾക്കും ആ ട്രസ്റ്റ് ഉണ്ട് ഒക്കെ നടക്കും നമ്മൾക്ക് ട്രസ്റ്റ് പോവാൻ കാരണം എന്താ നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ ഭഗവാൻ പറഞ്ഞു ടു തിങ്ക് ഇസ് നോട്ട് യുവർ റിയൽ നേച്ചർ ബീ സ്റ്റിൽ ചുമ്മാരിക്കും നിശ്ചലം കാര്യം നടന്നുകൊണ്ടേയിരിക്കുന്നു ഈശ്വരന്റെ വൈഭവം നടത്തിക്കൊണ്ടേ ചിന്തിക്കുമ്പോ ബ്രേക്കായി ഇന്ററപ്ഷൻ നിശ്ചലമായ ചുമ്മാര് ഈശ്വരന്റെ ശക്തി ആ വൈഭവം നടത്തിക്കൊണ്ടിരിക്കും ആ ചുമ്മാ ഇരിക്കാനാണ് നമുക്കറിയാത്തത് എല്ലാത്തിലും അവിശ്വാസം എല്ലാത്തിലും സകല ശ്രേയപ്രദോദ്യോഗിന എല്ലാ ശ്രേയസും സർവേശ്വരൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇത്രയായിട്ടും മഴ പെയ്യണു സമയത്തിനെല്ലാം കിട്ടണമൊക്കെ നടക്കണു ദൃഷ്ടാദൃഷ്ടമതോപദേശകൃതിനഹാം വേണ്ട അറിവുകളൊക്കെ എപ്പോൾ തരണോ അതൊക്കെ തരണു ദൃഷ്ടമായിട്ടുള്ള അറിവുകളൊക്കെ ഇന്ദ്രിയങ്ങൾ തരണു അദൃഷ്ടമായതൊക്കെ വേദം തരുന്നു ഉള്ളിലും പുറത്തും വ്യാപിച്ചു നിൽക്കുന്നു ഭഗവാൻ ഉള്ളിലെ പ്രാണനായിട്ടും മനസ്സായിട്ടും അറിവായിട്ടും അഭിമാനമായിട്ടും ഒക്കെ നിക്കണു വെളിയിലെ സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും നക്ഷത്രങ്ങളായിട്ടും വായുവായിട്ടും വൃക്ഷങ്ങളായിട്ടും ധാന്യങ്ങളായിട്ടും ഓഷധി വനസ്പതികളായിട്ടും അമ്മയായിട്ടും അച്ഛനായിട്ടും ഒക്കെ നിൽക്കണു ഹരടിയൊക്കെ രൂപത്തിൽ വന്നൊക്കെ ചെയ്യണു സർവജ്ഞസ് സർവജ്ഞനാണ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പുസ്തകത്തിന്റെ ആവശ്യമില്ല ദയാക്കരസ് കാരുണ്യത്തിന്റെ കടലാണ് ിം വേദിതവ്യം അവിടെ പോയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കണം പരമാന്തരംഗ ഇങ്ങനെ ഒരു ഭഗവാൻ ഹൃദയത്തിലെ സർവസാക്ഷിയായിട്ടുണ്ട് എന്ന് ഞാൻ നിരന്തരം ഓർത്തുകൊള്ളാം സ്മരിച്ചുകൊള്ളാം വേറെ വേണ്ട ചിത്തെ സ്മരാമി അന്വഹം അങ്ങനെ സ്മരണ ചെയ്യുന്നത് തന്നെ ധർമ്മ പരിപാലനം എന്ന് പറയണത് അങ്ങനെ ചെയ്താൽ ആ പരമപുരുഷൻ ആ സർവേശ്വരൻ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണെന്നും ധരിക്കേണ്ട അമ്മ അച്ഛൻ ബന്ധു എല്ലാം ആയിട്ടുള്ള ഭഗവാൻ സർവേശ്വരൻ ആ ഈശ്വര തത്വം നമുക്ക് ജാഗ്രത അവസ്ഥയിൽ ശരീര മനസ്സോടുകൂടെ ഇരിക്കുമ്പോ നമുക്ക് അമ്മയും അച്ഛനും കുട്ടിയായിട്ട് ഇരിക്കുമ്പോൾ മാത്രം പോരാ ഓൾ ത്രൂ ലൈഫ് വേണം എപ്പോഴും ഉള്ള ഒരു അമ്മയും വേണം ഈശ്വരൻ അമ്മയാണ് ഈശ്വരൻ അച്ഛനാണ് ഈശ്വരനിൽ പ്രിയമുണ്ട് അറിവുണ്ട് നമുക്ക് എപ്പൊ വേണോ അപ്പപ്പോ സപ്ലൈ ചെയ്യാനുള്ള സർവജ്ഞത്വമുണ്ട് ആ ഭഗവത് തത്വത്തിനെ ഹൃദയത്തില് അറിഞ്ഞാൽ ഇവൻ സന്തോഷമായിട്ടിരിക്കും അടുത്ത ശ്ലോകം നോക്കൂ അനാദിമധ്യാന്തമനന്ത വീര്യം അനന്താഹു ശശിസൂര്യ നേത്രം പശ്യമി ത്വാം ദീപ്തഹുതാശവക് സ്വേജസ വിശ്വമിതം തപന്ത അനദിമ അന്തം ആദിമ്യം അന്തം ഒന്നുമില്ല അനന്ത വീര്യം ഭഗവാന്റെ എനർജിക്ക് മാത്രം ിപ്ലീറ്റ് നമുക്കൊക്കെ കുറെ കഴിയുമ്പോൾ പ്രവർത്തിച്ചു കഴിയുമ്പോ വിം ഡി ഡിപ്ലീറ്റ് തളർന്നുപോയി ഇൻഎക്സോസ്റ്റിബിൾ റിസോർസ് ഓഫ് എനർജി അനന്ത വീര്യം അനന്ത ബാഹും ഈ വർണ്ണനയിലെ ഏറ്റവും അധികം വന്നത് ഒരുപാട് കൈകളാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ലോകത്തിൽ ആലോചിക്കണം ഒന്ന് കൈ തരൂന്നാണ് സഹായിക്കാനേ ഒരു കൈത്ത കയ്യെ ഭഗവാന്റെ ഒരു മുഖ്യ അംഗമാണ് വേദം പറയണു അയം മേ ഹസ്തോ ഭഗവാന് ഈ ഹസ്തം ഭഗവാനാണ് ഭഗവാനും മേലെയാണെന്നാണ് ഈ കൈ ലോകത്തിലെ പഴയ പല കാര്യങ്ങളും പണിയെടുക്കേണ്ടത് അതുകൊണ്ട് അനന്തബാഹും െ ആശ്രയിച്ചാൽ എല്ലാ കൈയിലൂടെയും ഈശ്വരൻ വരും എല്ലാ കൈയിലൂടെയും തരും വിവേകാനന്ദ സ്വാമി പറഞ്ഞു ലോകത്തിലെ പല പ്രവൃത്തികൾ ചെയ്യണമെന്ന് വരുമ്പോൾ പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഡോൺ തിങ്ക് അബൌട്ട് മണി ഇറ്റ് എന്താന്ന് വെച്ചാൽ വിശ്വരൂപനായ ഭഗവാനുണ്ട് ഭഗവാന്റെ പ്രവൃത്തിയാണ് എല്ലാ കയ്യിലൂടെയും വരും എല്ലാത്തിലൂടെയും എല്ലാ നമ്മളുടെ സെൽഫിഷ് മോട്ടീവ് ആണെങ്കിൽ ഒന്നും വരില്ല ബാങ്കില് ലോ എടുത്ത് ലോൺ എടുത്ത് ലോൺ എടുത്തുകൊണ്ടിരിക്കണം അല്ലെ ഈശ്വരന്റെ കാര്യത്തിനാകുമ്പോ എവിടുന്നെങ്കിലും ഒക്കെ വന്ന് വീഴും ശങ്കരാചാര്യര് കാരുണ്യം കൊണ്ട് പറഞ്ഞു കനകധാരാസ്താവ് മോളൊന്ന് വീണു എന്താന്ന് വെച്ച സമയമായി കാരുണ്യം നമ്മുടെ ആത്മതീർഥത്തില് അവര് സമൃദ്ധമായി എഴുതി നമ്മള് എന്താന്ന് വെച്ചാൽ എങ്ങനെയൊരു അത്ഭുതം എന്ന് ആളുകൾ വിശ്വസിക്കുവോ എന്നുള്ളത് കൊണ്ട് ജനറലി ഈശ്വരന്റെ അനുഗ്രഹം എങ്ങനെ വരുന്നുള്ളത് പെട്ടെന്ന് സമൃദ്ധരായി പക്ഷേ സംഭവങ്ങളൊക്കെ ഉണ്ട് മഴ പെയ്യുമ്പോ കളർ മഴ തവള മഴ പെയ്തു സ്ഥലത്തെ ഈ റെക്കോർഡാണ് വെള്ളി കോയിൻ വീണു അത്രേ മഴ ഒരുപാട് കോയിൻസ് ഇമ്പോസിബിളായിട്ടൊന്നുമില്ല അതിനർത്ഥം അപ്പൊ ഈശ്വരന് അനന്താഹും അനേകം അനേകം കൈകളിലൂടെ ഭഗവാൻ ഈ ജീവന് അനുഗ്രഹിക്കാനിരിക്കാണ് ശശി സൂര്യനേത്രം സൂര്യചന്ദ്ര കണ് കണ്ണുകളാണ് ഭഗവാന്റെ രണ്ട് കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും പശ്യാമിത്വാം ദീപ്തഹുദാശ വക്രം ഇത് ഇന്നലെ തോന്നുന്നു ഓ ആയിത്തുറന്ന് ഹുദാശ അടുത്ത ശ്ലോകം ദ്യാവാപൃഥി വ്യോരിതമന്തരം सर्वाह। रूपमिदं तवोग्रं। लोकत्रयं ദൃഷ്ടം महात्मन। ലോകം പ്രവ്യഥം മഹാത്മൻ ദ്യാമാ പൃഥി ഇതമന്തരമാകാശവും ഭൂമിയും നടുവിരുള സ്പ്പേസ് മുഴുവനും ഭഗവാന്റെ ആ വിഷരൂപം കണ്ട് അർജുനൻ പറയാനും മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു സർവാഹ എല്ലാ ദിക്കുകളും അവിടുന്ന് വ്യാപിച്ചിരിക്കുന്നു അദ്ഭുതം ഉഗ്രം തവയി സാധാരണ രൂപമല്ല ഏതോ ഗുരുവായൂർപ്പൻ ഉണ്ണികൃഷ്ണനായിട്ട് ഇരുന്നാ പോട്ടെ ഉഗ്ര രൂപം ഡിസ്ട്രാക്റ്റീവ് ഫോം ടെറിബിൾ ഫോം അത് കണ്ടിട്ട് അർജുനൻ പറയാണ് ഭഗവാനെ മൂന്ന് ലോകവും പേടിച്ചുകൊണ്ടിരിക്കണെന്ന് ഈശ്വരന് സൗമ്യമായ ഒരു രൂപമുണ്ട് ഭയങ്കരമായ രൂപമുണ്ട് അതുകൊണ്ടാണ് വേദം പറയണത് ഭഗവാന് നിങ്ങളുടെ മധുരമായ ആ രൂപം കാണിക്കും മറ്റേ രൂപം കാണിക്കരുത് എന്നാണ് എത്തേ ദക്ഷിണം വക്രം മറ്റേ രൂപം കാണിക്കരുത് പേടി തോന്നണമെന്ന് അത് കണ്ട് ഞാൻ ഭയന്ന് പോകും സൗമ്യനായി ഭഗവാൻ തന്നെ നരസിംഹനായിട്ടോ നരസിംഹമായിട്ട് വന്നു അല്ലേ ഉഗ്ര രൂപം അപ്പൊ ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ ലോകം മുഴുവനും പേടിച്ചിട്ടിരിക്കണു ഭഗവാനെ ഒരു സുനാമി വന്നു ഉഗ്രമായ രൂപം ഒരു വേൾഡ് വാർ അതാലോചിച്ച് നോക്കൂ എപ്പോഴാ ബോംബ് വീഴുക എന്നറിയില്ല എപ്പോഴാ കൊല്ലുക എന്നറിയില്ല ആരെ കൊല്ലും എന്നറിയില്ല അതൊരു ഒരു രൂപം ചെറിയ ഒരു ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നാൽ കാണാം ഒരു പല്ലി ഒരു പ്രാണിയെ പിടിക്കാൻ അത് ഓടിക്കൊണ്ടിരിക്കുന്നു മരണത്തിന് വേണ്ടിയുള്ള വെപ്രാണം ഉഗ്രമായ രൂപം സംഹാരൂപം അത് കണ്ട് പ്രവ്യഥിതം ഒരു ഭയന്നുകൊണ്ടിരിക്കുന്നു അമീഹിത്വാം സുരസംഘാവിശന്തീ കേഞ്ചലയോ ഗൃഹന്തീ സ്വസ്ുക്ഹർഷി സിദ്ധസംഗാ സ്തുവന്തി പുഷ്കലാഭി ഹി എന്നുള്ള വാക്കിന് നിശ്ചയമായിട്ടും അങ്ങ് ശാശ്വതധർമ്മഗോപ്താവാണ് ഹ വിശന്തി ഈ ദേവഗണങ്ങളൊക്കെ തന്നെ അങ്ങേ ശരണം പ്രാപിക്കുന്നു ഭാഗവതത്തിലൊക്കെ നമ്മള് കാണുന്നു ഓരോരിക്കലും അസുരന്മാർ രാക്ഷസന്മാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുമ്പോ ദേവതകളൊക്കെ ചെന്ന് ക്യൂ നിക്കും എല്ലാവരുടെ കയ്യിലും ഒരേ അപ്ലിക്കേഷൻ ഇയാളെ രക്ഷിക്കണം ഇയാളുടെ അടുത്ത് രക്ഷിക്കണം അല്ലേ കംസന്റെ ഉപദ്രവം സഹിക്കുക ഇയാളായിപ്പോ ദേവതകളൊക്കെ പോയി സാന്ദ്രാനന്ദതോഹരേം നനു പുരാദൈവാസുരേ സങ്ക ശേഷ വശത്ത എനാ ഭൂതലജന്മാിഭുവാണ ദുരാർ ഭൂമി പ്രാപരിഞ്ഞ്ജ്രിതപതം ദൈ പുരൈവാഗതൈ ഈ അസുരന്മാര് ഭയങ്കര ഭാരയാത്ര ഭൂമിക്ക് അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉദ്യമിക്കാത്ത മനുഷ്യരൊക്കെ അസുരന്മാരാണ് അസുരൻ എന്ന് പറയുന്ന സ്പെഷ്യൽ ക്ലാസ് മാത്രമല്ല അസുരന്മാരിൽ നല്ലവരുണ്ടല്ലോ വിഭീഷണൻ അങ്ങനെ എത്രയോ ആളുകൾ നല്ല ആളുകൾ അസു പ്രഹ്ലാദനൂർ അസുരനാണ് അപ്പോ അസുരാഹ എന്നുവച്ചാൽ ഒരു പെക്യുലിയർ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല നസുരാഹ അസുരന്മാർക്ക് ഒരു മറ്റൊരു പേരുണ്ട് പൂർവദേവാഹ എന്ന് പൂർവ്വദേവന്മാർ എന്നൊരു പേരുണ്ട് അസുരന്മാർക്ക് പൂർവ്വദേവെന്നു വെച്ചാൽ ദേവന്മാരുടെ ഏട്ടന്മാരെ നടത്തും അവരാണ് ആദ്യം ജനിച്ചത് അല്ല ദേവ ദേവന്മാര് പൂർവമായിട്ടുള്ളവരെന്നും എടുക്കാം അങ്ങനെ എടുക്കാം ദേവന്മാരുടെ ഏട്ടന്മാർ എന്ന് എടുത്താൽ പൂർവദേവാഹെന്ന് പേരവർക്ക് അസുരന്മാർ അപ്പൊ അവരും ഒരേ പ്രജാപതിയുടെ മക്കളാണ് മാരെ കേരളത്തിൽ നമുക്ക് എപ്പോഴും ഈ അസുരന്മാരോടാണ് ഒരു പ്രതിപറ്റി കൂടുതൽ മഹാബലി മഹാബലി തമ്പുരാനെ വാമനൻ ജയിലിൽ ഇട്ടു എന്നൊക്കെയാണ് കുട്ടികളെയൊക്കെ വാമനൻ വേറെ ഏതോ ഒരു കാറ്റഗറിയിൽ ഞങ്ങളൊക്കെ മഹാബലിയുടെ ആളുകൾ രാവണന്റെ ആളുകൾ ഒരു വാദം സ്വയം സമ്മതിക്കുകയാണ് സ്വഭാവം അപ്പോ അസുരൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാറ്റഗറി അല്ല അതിനകത്തും അസുഷുരമന്ത്യസുരാഹ ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ കഴിച്ചുകൂട്ടണവര് ഭൂമിക്ക് ഭയങ്കര ഭാര അത്ര ഒരു സ്വാമി ഉണ്ടായിരുന്നു ശിഷ്യന്മാര് ഭക്തി ചെയ്തിട്ടില്ലെങ്കിൽ ജവൻ ചെയ്തിട്ടില്ല ധ്യാനം ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം അവരെ ആക്കോഭൂഭ എന്ന് വന്ന് വിളിക്കും ഇപ്പൊ ഒരു ദിവസം ചോദിച്ചു ഒരാള് എന്തെയ്യാ കോംഗാളിയാണോ മറാഠിയാണോ ഏത് ഭാഷ ഒന്നുമില്ല അരിയെ കൊല്ലി ഭൂമിക്ക് ഭാരം ആ കോ കൊല്ലി ഭൂമിക്ക് ഭാരം അരി തീർന്നു പോവും ജീവിച്ചിട്ട് ഭൂമിക്ക് വെറുതെ ഭാരം ഒരു പ്രയോജനമില്ല അപ്പൊ ഭൂമി ദേവി വൈകുണ്ഠത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഒരു അപ്ലിക്കേഷൻ ആയിട്ട് പോയി അപ്ലിക്കേഷൻ ആയിട്ട് പോകുമ്പോ ക്യൂ കൊറേ ആളുകൾ നിൽക്കുന്നുണ്ട് റേഷൻ കാർഡ് വാങ്ങിക്കാൻ നിക്കുന്ന പോലെ പിന്നാലെ നിക്കുന്നു നോക്കുമ്പോ എല്ലാവർക്കും ഒരേ അപ്ലിക്കേഷനാണ് ദേവൈഹി ഇതൊക്കെ നമ്മൾ തമാശയായിട്ട് കഥ പറഞ്ഞാലും അങ്ങനെ സുരസംഗാഹ വിശന്തി ഭഗവാൻ അർജുനൻ ഇവിടെ ദേവന്മാരൊക്കെ ഭഗവാനെ പോയി സമീപിക്കും ഇവിടെയുള്ള ആളുകളുടെ ഉപദ്രവം സഹിക്കവയ്യ പ്രകൃതിയെ മുഴുവൻ നശിപ്പിക്കണവും ദേവതകളൊക്കെ പ്രകൃതിയിലുണ്ടല്ലോ അല്ലെ ദേവതകളുണ്ട് അഗ്നിയിലെ ദേവതയുണ്ട് അഗ്നിയെപ്പോ നമ്മൾ അശുദ്ധാക്കി അപ്പൊ അഗ്നി ചെന്ന് ഭഗവാൻ പറയും രാമായണത്തില് അഗ്നി പോയിട്ട് പറയണ ഒരു മുഖ്യമായ കംപ്ലയിന്റ് എന്നെ വെറും പാചക ഗ്യാസാക്കി മാറ്റിയിരിക്കണത് ശരിക്കും അങ്ങനെ പറയണേ അഗ്നി പറയണത് ഞാൻ വെറുതെ എങ്ങനെയൊരു അവർക്ക് പാചകം ചെയ്യാനൊരു സാധനം എന്നല്ലാതെ ആരാധനയൊക്കെ പോയിരിക്കണോ അവര് അവരെന്നെ ആരാധിക്കണില്ല എന്നെ വെറുതെ പാചകത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് കംപ്ലൈന്റ് പറയണത് നോക്കൂ നമ്മളെ ആ സ്ഥിതിയിലല്ലേ ഇരിക്കുന്നത് എല്ലാ വസ്തുക്കളും പ്രകൃതിയിലുള്ള ജലം അഗ്നി ജലത്തിനേയും ദുഷിപ്പിച്ചു അല്ലേ ജലദേവത അഗ്നിദേവത വായു വായുവിനേയും ദുഷിപ്പിച്ചു അപ്പൊ ഇതൊക്കെ ദേവതകളാണ് ഈ ദേവതകളൊക്കെ സർവേശ്വരന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാം ഭീതാഹ പ്രാഞ്ചലയോഗ് ഭയപ്പെട്ടുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു മഹർഷികളൊക്കെ തന്നെ ലോകത്തിന് മംഗളുണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ സ്വസ്തി സ്വസ്തി സ്വസ്തി സ്വസ്ഥിനെ ഇന്ദ്രോ വൃദ്ധശ്രവാ സ്വസ്ഥിനൂഷാ വിശ്വവേദാ സ്വസ്ഥിനാക്ഷ്യോ അരിഷ്ടേമി സ്വസ്ഥിനോ ബൃഹസ്പതിർദാതു സ്വസ് സ്വസ്തി എന്ന് പറഞ്ഞ ഋഷികളെ സ്വസ്ഥിവാചകം ചൊല്ലുകയാണ് പല വിധത്തില് സ്തുതികൾ കൊണ്ട് ഭഗവാനെ ദേവതകളും മഹർഷികളുമൊക്കെ സ്തുതിക്കുന്നു അതുമാത്രമല്ല നോക്കാം രുദ്രാദിത്യാവസവോയേച്ച സാധ്യ വിേശ്വിനൗ മരുതശോശ്ചന്ധക്ഷാസുരസിദ്ധസാ ഈക്ഷന് വിസ്മിത രുദ്രാദി രുദ്രന്മാരുമാദിന്മാരുദ്രന്മാരു ദ്വാദശ ആദിത്യന്മാരും അഷ്ടവസുക്കളും സാധ്യന്മാരും വിശ്വേദേവന്മാരും അശ്വിനീദേവന്മാരും മരുദ്ഗണങ്ങളും ഇതൊക്കെ വേദപ്രതിപാദ്യങ്ങളായ ദേവതകളാണ് ഈ ദേവതകളൊക്കെ വേദത്തിലുണ്ട് വേദത്തില് ഈ ഓരോ ദേവതയ്ക്കും മന്ത്രങ്ങളുണ്ട് സ്തുതികളുണ്ട് ഈ ദേവതകളൊക്കെ ഋഷികൾക്ക് പ്രത്യക്ഷമായിരുന്നു ഉപാസകന്മാർക്ക് പ്രത്യക്ഷമായിരുന്നു പിന്നെ ഉള്ള കാലത്തിലാണ് ഈ ദേവതകളുടെ സ്ഥാനത്തിലൊക്കെ പുരാണ ദേവതകൾ വന്നതോടുകൂടെ വൈദികമായ ദേവതകളൊക്കെ നമ്മളുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറിഞ്ഞുപോയി ശിവൻ വിഷ്ണു ഗണപതി ദേവി അങ്ങനെയൊക്കെ ഇതൊന്നും വേദത്തിൽ കാണില്ല വേദത്തിൽ കാണുന്ന ദേവതകളെയാണ് ഇവിടെ പറയണത് രുദ്രന്മാര് ആദിത്യന്മാര് സാദ്ധ്യന്മാര് വിശ്വേദേവന്മാർ അശ്വിനി ദേവന്മാർ മരുദ്ഗണങ്ങൾ പിതൃദേവതകൾ ഗന്ധർവന്മാർ യക്ഷന്മാർ അസുരന്മാർ സിദ്ധന്മാർ ഇങ്ങനെയുള്ള സംഘങ്ങളൊക്കെ തന്നെ ഭഗവാനെ ആശ്ചര്യത്തോടെ വീക്ഷിക്കുന്നു നമുക്കു വിശ്വരൂപ ദർശനത്തില് എല്ലാ സ്പീഷിയും കാണുകയാണ് എല്ലാ ഭാവങ്ങളും കാണ പല വിധത്തിലുള്ള ദേവതകളെയും സിദ്ധന്മാരെയും ഗന്ധർവന്മാരെയും കാണുന്നു നമുക്ക് ഈ ഒരു ലോകത്തിൽ തന്നെ പരന്ന് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഭൂമി മാത്രം കാണു കടലിനുള്ളിൽ പോയി നോക്കൂ ഭൂമിയുടെ മൂന്നിരട്ടി വലുപ്പുണ്ട് അതിനകത്ത് കുറെ ജീവികളുണ്ട് വിചിത്രമായ ജീവികളുണ്ട് എത്രയോ ക്രീച്ചേഴ്സ് ഉണ്ട് അതേപോലെ നമ്മൾക്ക് മേലെ ഹയർ പ്ലെയിൻസിൽ പോയ അനേകം ദേവതകളുണ്ട് അവരെയൊക്കെ അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തില് കാണാണ് അതൊക്കെ കണ്ട് അവരൊക്കെ ഭഗവാനെ ആശ്ചര്യത്തോടെ നോക്കുന്നത് അർജുനൻ കണ്ടു അടുത്ത ശ്ലോകം നോക്കാം രൂപം മഹത്തെ ബഹുഭക്ത നേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ൃഷ്ട്രവ്യതാസ്താഹം നെറ്റ് ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാ ഭഗവാനെ വയറിൽ അകത്തൊരു ഗൂഡ്സ് വേണ്ടി ഓടുന്നു പേടിച്ചു പോയിന്നർത്ഥം പ്രവ്യഥിത ഞാൻ മാത്രല്ല ഈ സീനിൽ കാണുന്നവരും പേടിച്ചിരിക്കുന്നു ഞാൻ മാത്രല്ല ഈ വിശ്വരൂപം കണ്ടിട്ട് ആരൊക്കെ കണ്ടുകൊണ്ടിരിക്കണതായിട്ട് അർജുനൻ കണ്ടുവോ ഇന്നലെ സ്വപ്നത്തിൽ ഞാൻ ഒരു ഭയങ്കരമായ രൂപം കണ്ടു പേടിച്ചുപോയി രക്ഷപ്പെടാനായിട്ട് സ്വപ്നത്തിൽ ആരുടെ അടുത്തൊക്കെയോ പോയി നോക്കി അവരും ഒക്കെ പേടിച്ചിരിക്കുന്നു എല്ലാരും ഭയപ്പെട്ടു നിൽക്കണു പ്രവ്യത്തിതാഹ ലോകാഹ ലോകങ്ങളൊക്കെ പേടിച്ചിരിക്കുന്നു ഞാനും പേടിച്ചിരിക്കുന്നു മഹത്തെ രൂപം അങ്ങയുടെ ഭയങ്കരമായ രൂപം ബഹുഭക്ത അനേക മുഖങ്ങളും കണ്ണുകളും പിന്നെയും ബഹുബാഹു ഒരു പാദം പിന്നെയും കുറെ കയ്യും കാലുകളും ബഹൂതരം അനേകം വയറുകള് ബഹുദംഷ്ട്ര കരാളം ഭയങ്കരമായ പല്ലുകള് ദംഷ്ട്രകള് കരാള ദംഷ്ട്ര വിശ്വരൂപം മാത്രം കാണുന്ന നാശിക്കാനും പടലാണ് കണ്ടാ പേടിച്ചു പോകും ടെറിബിൾ ഫോം അല്ലേ വിവേകാനന്ദ സ്വാമിക്ക് ക്ഷീർഭവാനി എന്ന് പറഞ്ഞ കാശ്മീരിലെ ഒരു സ്ഥലത്ത് ഖാളിയുടെ അങ്ങനെ ദർശനം ഉണ്ടായി അതിൽ ആ പോയിട്ടി വെച്ചാൽ നമ്മൾ പേടിച്ചു പോകും എല്ലാം നശിപ്പിക്കുന്നതും രോഗമായിട്ടും സംഹാരമായിട്ടും എല്ലാത്തിനും ഇല്ലാതെ ചെയ്യുന്നതുമായിട്ട് ദംഷ്ട്രാകരാളത്തോടു കൂടെ രൂപം അതില് അദ്ദേഹം പറയണ്ട് മധുരമായ സ്വീറ്റ് ആയിട്ടുള്ള ഫോം മാത്രം പോരാ വർഷിപ് ദ ടറിബിൾ ദി യു കൻ ട്രാൻസ് ദ ടറിബിൾ വർഷിപ് ദ ടെറിബിൾ ഭയങ്കരമായിട്ടുള്ളതിനേയും ആരാധി ആരാധിക്കണം ഭയപ്പെടരുത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് മുമ്പിൽ രൂപം വരുമ്പോ രാമദേവ ഒരടുത്ത് ഒരു ബ്രഹ്മരക്ഷസ് പ്രത്യക്ഷപ്പെട്ടു അത്രേ അതിനെ വിട്ടലാന്ന് പറഞ്ഞ സ്തുതിച്ചു തന്നെ അത് പാണ്ഡുരംഗന്റെ സ്വരൂപമായിട്ട് സ്തുതിച്ചു അല്ല മധുരമായിട്ട് ഭംഗിയായിട്ടുള്ള രൂപം മാത്രമല്ല എത്ര ഭയങ്കരമായിട്ടുള്ള രൂപം കണ്ടാൽ അതിൽ ഭഗവാൻ നരസിംഹത്തിനെ കണ്ട് എല്ലാരും പേടിച്ചു പ്രഹ്ലാദം പേടിച്ചില്ലല്ലോ പ്രഹ്ലാദം പറഞ്ഞു നാഹം വിവേമി അജിതത്തെ അതിഭയാന കാസ്യ അങ്ങയുടെ ഭയങ്കരമായി ദംഷ്ട്രാവായ പല്ലും കണ്ട് ഞാൻ ഭയപ്പെടില്ല എന്ന് പറയണം പ്രഹ്ലാദൻ അതിനേക്കാളും ഭയങ്കരമായി സംസാരത്തിനെ ഞാൻ ഇവിടെ കണ്ടിരിക്കണു ലൗകിക ജീവിതത്തിന്റെ ഭയങ്കരത കാണുമ്പോ ഭഗവാൻ എത്ര ഭയങ്കര രൂപം ധരിച്ചാൽ എനിക്ക് ഭയമൊന്നുമില്ല എന്നാണ് യാതൊരു പേടിയും ഇല്ല ഭഗവാനിൽ നിന്ന് അപ്പൊ നരസിംഹസ്വാമിയെ കണ്ട് ഭയപ്പെട്ടില്ല അപ്പോ ഭയങ്കരമായ രൂപം ഭക്തനു ഭയമൊന്നുമില്ല ജീവിക്കാൻ ആഗ്രഹമുള്ളവന് ഭയുണ്ട് बहु അതാണ് റൂപം മഹത്തെ ബഹു വക്തേത്രം बहु മഹാബാഹു ബഹുബാഹൂരുപാദം ബഹൂദരം ബഹുദംശ്രാകരാളം ദൃഷ്ട്വാഥിതസ്താഹം ലോകം മുഴുവൻ പേടിച്ചുപോയി എനിക്കും ഭയം തോന്നുന്നു അടുത്ത ശ്ലോകം നഭസ്പൃശം ദീപ്തമനേകവർണനം ദീപ്തവിശാലേത്രം ദൃഷ്ടം പ്രവ്യഥിതാന്തരാത്മാതി ശമം ച വിഷ്ണു അർജുനൻ പറയാണ് ഈ രൂപം കണ്ടിട്ട് എന്റെ വിൽ പവർ പോയി ഐ ആം അൺസെറ്റിൽഡ് ശമം ചെ എന്റെ ശാന്തിയും പോയി എന്നാണ് അപ്പൊ കാണണോ വിശ്വരൂപം ിപ്പയർഡായിട്ട് സർവവും ആത്മസ്വരൂപമായിട്ട് കാണണമെന്നല്ലാതെ ഭയങ്കരമായ രൂപം കാണാതിരിക്കാൻ പാടില്ല ഇത് രുദ്രന്റെ രൂപമാണ് അതുകൊണ്ടാണ് വേദത്തിൽ എവിടെയൊക്കെ രുദ്രൻറെ ഭാവം വരണോ അവിടെയൊക്കെ കൈ ഒന്ന് കഴുകിക്കളേ പേടി നിൽക്കാതിരിക്കാൻ ആഹൂതിയിട്ടാ ഒന്ന് ജലം സ്പർശിച്ച ൂപമാണ് നഭസ്പൃശം ആകാശം മുട്ടി നിൽക്കണു എന്നുവെച്ചാൽ ആകാശം മുട്ടാൻ ഒക്കോ നോക്കില്ല അതിന് ആദിയും അന്തവുമില്ല അടിക്കു പന്നിപ്പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ അടിക്കും മുടിക്കും പറന്ന് നോക്കിയിട്ട് ഒന്നും കാണാനില്ല അതാണ് നഭസ്പൃശം ദീപ്തം ജ്വലിക്കാണ് ഇഫൾജന്റ് അനേക വർണ്ണം അനേകം കളർ വ്യാത്താനനം വായി പൊളിച്ചിരിക്കണം ഇങ്ങനെ മുഴുങ്ങാൻ ഓക്കെ അവസാന ആവുമ്പോ ചുരുട്ടി കൂട്ടി പിഴുങ്ങിക്കളെ കബളനം എല്ലാം ഭഗവാന്റെ വായാണ് ദൃഷ്ട്വാഹിത്വം കണ്ടിട്ട് പുറവ്യഥിതാന്തരാത്മ പേടിച്ചു പോയി ധൃം എനിക്ക് ധൈര്യം പോയി ശമം മനസ്സിന്റെ സമനിലയും തെറ്റിയിരിക്കുന്നു ഭഗവാന് ശമം ചെ വിഷ്ണു മനസ്സിന്റെ സമനിലയും ഇളകിപ്പോയിരിക്കണു ഭയങ്കര രൂപം ഒന്ന് കണ്ടാൽ സമം ശമം ച വിഷ്ണു അതായത് സർവേശ്വരൻ ജീവിതത്തിൽ തന്നെ നമുക്ക് അങ്ങനെയാണല്ലോ അല്ലെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണുമ്പോൾ സമനില തെറ്റിപ്പോവും നമ്മൾക്ക് ധൈര്യം ഉണ്ടെന്നൊക്കെ വിചാരിക്കും ധൈര്യമൊക്കെ ചോർന്നു പോവും തളർന്നു പോയി കളയും അതൊക്കെ വിശ്വരൂപത്തിന്റെ ഒരു അംശമാണ് ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫില് ചെറിയ ചെറിയ വിഷമങ്ങൾ ആർക്കോ മരണം വരുന്നു മഹാവ്യാധി വരുന്നു വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഇളകിപ്പോയി നല്ല ധൈര്യശാലിയായിരുന്നതാണ് ആടിപ്പോയി സമനല പോയി എന്റെ വിശ്വരൂപം വിശ്വരൂപത്തിന് ഒരു ചെറിയ ഒരു അംശം ദംശ്രാകരാളാ ചെത്തെ മുഖാ ദൃഷ്ടവ കാളാനലസന്നി ദിശോന ജാനേന ലഭേ ച ശർമ്മ ജഗന്നിവാസ അപ്പൊ പേടി വരുമ്പോ ജീവിതത്തിൽ വിഷമം വരുമ്പോ എന്താ ചെയ്യാം നരകത്തിൽ നിന്നും കരകേറ്റേണമേ തിരുവക്കം വാഴും ശിവശംഭോ വിഷമം വരുമ്പോ പ്രസീതദേവേശ ജഗന്നിവാസ സംസാരത്തിന് ആ വിഷമം ഭയങ്കരതയൊക്കെ കാണുമ്പോ അതിഭീഷണ കട്ടുഭാഷണ യമകിങ്കര പടലി കൃതാടന പരിപീടന മരണാഗമ സമയ ഉമയാസഹ മമചേതസി യമശാസന നിവസൻ ഹരശങ്കര ശിവശങ്കര ഹരമേ ഹര ഭയങ്കരമായ രൂപം മുമ്പിൽ വന്നപ്പോ എന്ത് ചെയ്യും അറിയാനേ പറ്റുള്ളൂ കരഞ്ഞാലോ ഭഗവാൻ ഞാൻ വന്നോളാം പ്രസിദ്ധ ദേവേശ ജഗന്നിവാസ ദംശ്രാകരാളുകളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അർജുനൻ ധൈര്യശാലിയായ അർജുനൻ കുട്ടികളെ പോലെ കരയാൻ തുടങ്ങിയർത്ഥം ധംഷ്രാകരാളാനി ചതേ മുഖാനി കാലാനല സന്നിഭാനി ദിശോനജാനി എനിക്ക് ദിക്കുന്നും കാണാൻ വയ്യാന്ന് എന്നാ ലഭേച്ച ശർമ്മ മനസ്സിനൊരു ശാന്തി സന്തോഷമൊന്നുമില്ല ശർമ്മ എന്ന് വെച്ച സന്തോഷം അയാള് വർമാവാണ് അയാളിപ്പൊ ശർമാവായിട്ട് മാറി ശർമ്മ ഇല്ലാതായിപ്പോ ക്ഷൻ വർമാവാണ് ബ്രാഹ്മണൻ ശർമാവാണ് അത് കാര്യം എന്ന് വെച്ചാൽ ക്ഷത്രിയൻ യുദ്ധമൊക്കെ ചെയ്ത് വർമ്മ എന്ന് വെച്ച കവചം സംരക്ഷിക്കേണ്ട ആളാണ് ബ്രാഹ്മണൻ എന്ത് കിട്ടിയോ അത് വെച്ചുകൊണ്ട് സമാധാനായിട്ടിരിക്കുകയാണ് ശർമ്മ അർജുനൻ പറഞ്ഞു എന്നാൽ അഭയിച്ച ശർമ്മ നമ്മുടെ ബ്രാഹ്മണരൊന്നും ശർമ്മ അല്ല ഒക്കെ മർമായിട്ടിരിക്കും ർമ്മ ശർമ്മ ഇല്ല എനിക്ക് സന്തോഷം പോയി ആനന്ദം പോയി ദിക്കുകൾ ഒന്നും കാണാൻ വയ്യ ഒരു സമാധാനല്ല എന്താ പ്രസീദദേവേശ ജഗന്നിവാസ പ്രസീദ പ്രസീദ അപ്പോഴാണ് ഭഗവാനെടുത്ത് രക്ഷിക്കൂ ഭഗവാനെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറയണത് ഹേ ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണ ഋഷഭ അവനിദൃ രാജന്യവംശദന ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹരാവതാര യോഗേശ്വറ അഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ അല്ലേ എന്ന് ഒരു വഴിയിലാണ് അപ്പൊ എന്ത് ചെയ്യും ഭഗവാനെ വിളിക്കല്ലാതെ വേറൊരു വഴിയുമില്ല ഭഗവാന്റെ നാമം ജപിച്ച അങ്ങടെ ഉറക്കം അങ്ങടെ ഹൃദയത്തുനിന്ന് അങ്ങോട്ട് വിളിക്കുന്നു അപ്പോഴാണ് ഇൻവോക്കിംഗ് വിൽ കം ഫ്രം ദാർട്ട് അതുവരിക്കും വരില്ല എല്ലാം പോയി നമ്മളുടെ കയ്യിൽ ഒരു പിടിയുമില്ല നമ്മളെ കൊണ്ട് ഒന്ന് ചെയ്യാൻ വയ്യാതാവുമ്പോ കുട്ടികൾ കരയണ പോലെ കരയും രക്ഷ രക്ഷ രക്ഷേ പ്രാർത്ഥിക്കാൻ പറ്റും അപ്പോഴാണ് നമുക്ക് ഭഗവാൻ എടുത്ത് പ്രാർത്ഥന വാസ്തവത്തിൽ ഉളന്ന് വരാം എനിക്ക് വേറെ ഗതിയില്ലാതാവുമ്പോ ആയുർണശതി പശ്ചതാം പ്രതിദിനം ക്ഷയം യൗവ പ്രി പുറന്നദിവസോ ജഗദ്ഭക്ഷക ലക്ഷ്മി തോയതംഗഭജലാ വിദ്യുച്ഛല ജീവിതം തസ്ൻമാരുണ കരുണയാ ത് രക്ഷാധുന പ്രസീദ ദേശന്നിവാസ അർജുനൻ പറഞ്ഞു ഹേ ജഗന്നിവാസ ഹേ നാരായണ പ്രസീദ് എനിക്ക് നിക്കൊന്നും അറിയണില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഒരു വെളിവില്ലാതിരിക്ക മരണസമയത്ത് ഇങ്ങനെയൊക്കെ ട്രാക്കിലൂടെ ഉള്ള യാത്രയുണ്ട് ഈ ജീവന് അപ്പോഴൊക്കെ സർവേശ്വരനെ മുമ്പേ ഉപാസിച്ചുകൂടെ വെച്ചോണ്ടിരുന്നാൽ ആ സമാധാനം ഭഗവത് അനുഭവം എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് മഹാപുരുഷ സമ്പർക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ മരണസമയത്ത് അത് മുമ്പിൽ വന്ന് നിക്കും ജീവിതം മുഴുവൻ അഗ്നിയെ ഉപാസിച്ച ആൾക്ക് അഗ്നി അവസാനം വന്ന് നിക്കും എന്നാണ് കൊണ്ടുപോവാൻ ആ വഴി കൂടെ വരൂ വരൂ വരൂ ഇഷ്ടദേവത മുമ്പിൽ വന്ന് നിക്കും നിൽക്കും പേടിക്കേണ്ട മാഭൈഹി മാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ആ ദേവയാന മാർഗത്തില് കൂട്ടിക്കൊണ്ടു പോകാം അല്ലെങ്കിലോ ഇത് അതുപോലെയാണ് ദിക്കും കാണാനല്ല ഇരുട്ടായിട്ടിരിക്കുന്നു ദംശാകരാളകൾ കാണുന്നു പലവിധ രൂപങ്ങൾ കാണുന്നു ഭാവങ്ങൾ കാണുന്നു ശക്രൻ മൂത്രം വിമുഞ്ചതി ഭാഗവതം പറയാം പേടിച്ചിട്ട് മൂത്രം വെച്ച് പോയി മരണസമയത്തുള്ള പല വിധത്തിലും മനസ്സിന്റെ സമനില തെറ്റിക്കഴിയുമ്പോൾ എന്താന്ന് വെച്ചാൽ എല്ലാം ഏകപിണ്ഡമായിട്ട് ഭയങ്കരമായിട്ട് കാണുമ്പോ പ്രസീതദേവേശ ജഗന്നിവാസ ഭഗവാനല്ലാതെ വേറെ ഒന്നും ഗതിയില്ല ലോകത്തിലുള്ളതൊക്കെ മതി മതി മതി അലമലം പ്രസീതദേവേശ ജഗന്നിവാസ ദിശോന ജാനേന ലഭേറ്റ ശർമ്മ മനസ്സിന്റെ സന്തോഷമൊക്കെ പോയി ദിക്കുകളൊന്നും കാണാൻ വയ്യ സർവേശ്വരൻ അല്ലാതെ വേറെ വഴിയില്ല മനസ്സ് പറ്റിച്ചു കളഞ്ഞു അതാണ് നല്ല ശർമ്മ മനസ്സിലാണ് ധൈര്യമേ മനസ്സിന്റെ ധൈര്യമൊക്കെ എത്ര നേരം നിൽക്കും എന്നുള്ളത് സന്ദർഭം വരുമ്പോ അറിയാം നായ് ഓടിക്കണവരെ ധൈര്യം അല്ലെ ചിലർക്ക് ധൈര്യമുണ്ട് ഒരു സന്ദർഭം വരണവരെ വേറെ എല്ലാ ധൈര്യശാലിയാണ് ജീവിതത്തിൽ ഒരു വിഷം വരണ ഒന്നും ഞാൻ ഭയപ്പെടില്ല എന്നാണ് ആരെന്തു വേണെങ്കിൽ വരട്ടെ എന്ന് സന്ദർഭം വരുമ്പോ നലഭേജ ശർമ ധൃതി ആരാ പറയണത് അർജുനൻ ഗാന്ധിവി ആര് കയ്യിൽ വില്ലെടുത്താ ബാക്കിയുള്ളവരൊക്കെ പ്രകമ്പനം കൊല്ലോ അങ്ങനെയുള്ള ആളാണ് ഭഗവാന്റെ ഭയങ്കരമായ രൂപത്തിനെ കണ്ടിട്ട് പറയണത് ഭഗവാന് കൈയും കാലും കാലും മുട്ടൊക്കെ കൂട്ടിയിടിക്കാം സമാധാനം അല്ലയാണ് ദിശോ നർമ്മേശന്നിവാസ എന്ന് പറഞ്ഞ് അർജുനൻ ഭഗവാൻ എടുത്ത് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് നമ്മള് നാളെ കാണാം സത്യം ജ്ഞാനമനന്തം നിത്യമ പരമാകാശം ഗോപ്രാംഗണരിഗണലോലമ പരമായാസം മായാക്കതാകാരമം പ്രണമത ഗോവിന്ദം പരമാനന്ദം ോപാളം ഭുവി ലീലിഗ്രഹ ഗോപം കുലഗോപാളം ഗോപീന ഗോവർധനധൃതലീലാളിതോ ഗോഭിഗോവിന്ദുടനം ബഹുനമാനം ഗോചരൂരം പ്രണമത ഗോവിന്ദം പരമാജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാ ഭജോവിന്ദം പരമാനന്ദ മൃത്സ്നത്സിഹേതിയശോദ താടനശൈശവസന്സം വ്യാദോകലോകോകർദ ലോകത്രയ പുരമൂല സ്തംഭം േ തോന്നാച്യം മിഞ്ചി അതി യഥേഷം കൂർവാം തടൈവ ം ആത്മനം പ